അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമായി അവ കല്ലുകൾ പോലെയാകുകയോ അല്ലെങ്കിൽ അതിലും കഠിനമാകുകയോ ചെയ്തു തീർച്ചയായും കല്ലുകളിൽ ചിലതിൽ നിന്ന് പുഴകൾ ഒഴുകുന്നുണ്ട് ചിലത് പിളർന്ന് അതിൽ നിന്ന് വെള്ളം പുറത്തുവരുന്നുമുണ്ട് ചിലതാകട്ടെ അള്ളാഹുസുബഹാനുഹൂവത്തായാല ഭയന്ന് താഴേക്കു പതിക്കുന്നുമുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബഹാനുഹൂവത്തായാല ഒട്ടും അശ്രദ്ധനല്ല